അറിവ് വന്നതിനുശേഷം അവർക്കിടയിലുണ്ടായ അസൂയകാരണമാണ് അവർ ഭിന്നിച്ചത് നിന്റെ രക്ഷിതാവിങ്കൽ നിന്ന് നിശ്ചിത സമയത്തേക്കൊരു വാക്ക് മുൻകൂട്ടിയുണ്ടായില്ലായിരുന്നുവെങ്കിൽ അവർക്കിടയിൽ വിധി തീർക്കപ്പെടുമായിരുന്നു അവർക്കുശേഷം വേദഗ്രന്ഥം അവകാശപ്പെട്ടവർ സംശയാസ്പദമായ വലിയ സംശയത്തിലാണ്